ം അറുപത്തിരണ്ട് സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല യരുഷലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും യഹോവിയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വെളിപ്പെടുത്തും യഹോവിയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കുകയില്ല നിന്റെ ദേശത്തെ ക്ഷമാമ ശൂന്യം എന്ന് പറകയുമില്ല നിനക്ക് ഹെസീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് വിവാഹസ്ഥ എന്നും പേറാകും യഹോവിക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ നിന്റെ ദേശത്തിന് വിവാഹം കഴിയും യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നതുപോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും എരുശിലേമേ ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കേയില്ല യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ എരിശല്യമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത് ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചുകളുമില്ല എന്ന് യഹോവ തന്റെ വലംകൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധപ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും കടപ്പീൻ വാതിലുകളിൽ കൂടി കടപ്പീൻ ജനത്തിന് വഴിയൊരുക്കുവിൻ നികത്തുവീൻ പെരുവഴി നികത്തുവീൻ കല്ല് പെറുക്കിക്കളവീൻ ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ ഇതാ നിന്റെ രക്ഷ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കൈയിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവിയുടെ വിമുക്തന്മാരെന്നും വിളിക്കും നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേറാകും